Gracias. നാതിരുവാസമ്പ പ്രാപ്തം ഭ യഥാക്രംസൗമ്യസമായ സന്തുഷ്ട സന്തോഷത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് ആരാണ് സന്തുഷ്ട എന്നുള്ളത് പറയും അഭിവാചത്തിൽ അസംപ്രാപ്തം അസംപ്രാപ്തമായി പ്രാപിക്കാത്തതിൽ അഭിവാചത്തിൽ അഭിവാചത്തെ ദുരാഗ്രഹം ദുരാഗ്രഹമോ പ്രാപ്തം ഭംഗെയും യഥ പ്രാപ്തമായത് അനുഭവം അനുഭവ യഥാക്രമം എന്താണ് പ്രാപ്തമാകുന്നത് അതനുസരിച്ച് നമ്മുടെ പ്രാപ്തമാകുന്ന വ്യാഖ്യത എന്ന് പറയുന്നത് സുഖത്തെയും ദുഃഖത്തെയും പൊതുവെ മുഖ്യ ഫലമായിട്ട് സുഖത്തെയും ദുഃഖത്തെയും പറയുന്നത് അദ്വൈത അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാപ്തിയുണ്ട് പലരും നമ്മൾ നേടുന്നുണ്ട് വന്നുചേരുന്നുണ്ട് നേടുന്നുണ്ട് അതിന്റെ എല്ലാം ചുരുങ്ങി പറഞ്ഞുകഴിഞ്ഞാൽ സുഖം പോകണം അതുകൊണ്ട് അങ്ങനെ കഴുകിയിരിക്കുന്നത് അദ്വൈതത്തിന്റെ ഒരു രീതി അനുസരിച്ച് കഴുകിയിരിക്കുന്നു ഇപ്പൊ എന്താണോ വന്നു ചേരുന്നത് വന്നു ചേരുന്നത് പോലെ അനുഭവിക്കുന്നത് ഈ ഹാഗ്യകരണോ എങ്ങനെ ദുരാഗ്രഹങ്ങളുണ്ടായിരുന്നത് വന്നുചേരുന്നതാണ് അതുപോലെ അനുഭവിക്കുന്നത് യഥാക്രമം വെച്ചാൽ സുഖത്തെ സുഖമായിട്ടും ദുഃഖത്തെ ദുഃഖമായിട്ടും എന്നാണ് വ്യാഖ്യാനിച്ചത് ക്രമം വന്നത് അതുപോലെ അതായത് നമുക്ക് പ്രാപിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പ്രാപിക്കാം കീർത്തി വിജയം സമ്പത്ത് ലാഭം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അധികാരം ഇതൊക്കെ പ്രാപിക്കാം പക്ഷേ അതിൻ്റെയൊക്കെ നെറ്റ് വാല്യൂ എന്ന് പറയുന്ന സുഖവും ദുഃഖവും അദ്വൈര അതുകൊണ്ടത് രണ്ടിനെയും മാത്രം എടുക്കും ഇതൊക്കെ മുഴുവിച്ച രണ്ടെണ്ണം രണ്ടും മാറി മാറി വരും സുഖം വരുന്നു പിന്നെ ദുഃഖം വരുന്നു ദുഃഖം വരുന്നു ക്രമമായിട്ടാണ് വരുന്നത് സുഖം വരുന്നു ദുഃഖം വരുന്നു ദുഃഖം വരുന്നു പിന്നെ സുഖം വരുന്നു അപ്പൊ ആ എങ്ങനെ വരുന്നു അങ്ങനെ അതുകൊണ്ടാണ് യഥാക്രമവും സുഖത്തെ അങ്ങനെ സ്വീകരിക്കുക ദുഃഖത്തെ അങ്ങനെ സ്വീകരിക്കുക അത് സംശയം തോന്നുന്നു സുഖത്തെ സ്വീകരിക്കണം ദുഃഖത്തെ സ്വീകരിക്കണം അങ്ങനെ ഒരു സംക്രമം ക്രമം അനതിക്രമം എന്താണോ വന്ന് വന്നു ചേരുന്നത് അത് അതുപോലെ സുഖം നന്നായി സ്വീകരിക്കണം ദുഃഖം നന്നായി സ്വീകരിക്കണം ഗീതം അസ്തിത്വപ്രജ്ഞ അതെല്ലാം വെച്ചുകൊണ്ടാണ് അത് എഴുതുന്നത് ആശയം സുഖത്തുഖേ സമയം ഇറക്കുക സുഖത്തെയും ദുഃഖത്തെയൊക്കെ ഒരുപോലെ എന്ന് സാധാരണ പറയുന്നത് അതാണ് വരുന്നതിന് അതുപോലെ കാണിക്കാനാണ് യഥാക്രമം സുസൗമ്യ സൗമ്യനായിരിക്കും ശാന്തനായിരിക്കും ഇവിടെ ഇടയ്ക്കേക്ക് പറയുന്ന അന്തശ്ചീതള അന്തശാന്തി അങ്ങനെ ശാന്തി ഉള്ളവനായി സമാചാര നല്ല ആചരണങ്ങൾ ഉള്ളതിനാൽ നല്ല ആചരണമെന്ന് പൊതുവെ പറയും ഏതാചരണമാണ് നല്ലത് ഏതാചരണമാണ് മോശം എന്നല്ലെങ്കിലും അവിടെ തർക്കങ്ങൾ വരും പൊതുവായിക്കുന്ന പറയാൻ നല്ല ആചരണം ഒരാളും നല്ലതായി തോന്നുന്നു ആചരണില്ല അല്ല നല്ലതായി തോന്നുന്നു സമൂഹത്തിലുള്ള ഒരാളൊക്കെ പലരുടെയും പലതരത്തില് മനസ്സിലാക്കുന്നതും ആചരിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും ഇങ്ങനെ പൊതുവെ പറയും നല്ല ആചരണമുള്ള പിന്നെ ഇനി അതിന് പൊതുവായിട്ട് ലക്ഷണം പറയുകയാണ് നല്ല ആച എന്തു പറയും പൊതുവായി പറയും ആ തനിക്കും തനിക്കും മറ്റുള്ളവർക്കും ഗുണം ചെയ്യുന്നതും തനിക്കും മറ്റുള്ളവർക്കും ദോഷം ചെയ്യുന്നു ഗുണം കഴിയുന്നത്ര ോഷം പരമാവധി കുറച്ച് അങ്ങനെ എടുക്കാൻ പറ്റും അല്ലാതെ പൂർണ്ണമായ ഗുണം അങ്ങനെ പറയാൻ പറ്റില്ല ദോഷ ശൂന്യം അതും പറയാൻ പറ്റും ഗുണം ചെയ്യുന്നത് പ്രവൃത്തി സമൂഹത്തിന് ഒന്നായി അത് മനുഷ്യന്റെ ചിന്താചക്രഭാഠം വികസിക്കുന്ന സമൂഹം എന്ന് പറയുന്നത് എന്താണ് തൻ്റെ അടുത്തുള്ളവരാണ് തൻ്റെ നാടാണ് തൻ്റെ ഭാഷ സംസാരിക്കുന്നവരാണ് ഞാനപ്പുറം തൻ്റെ ദേശമാണ് അതോ അതിനപ്പുറം സർവ മനുഷ്യരുമാണോ അതോ ഇനി അതിനപ്പുറം സർവ്വ ജീവജാലങ്ങളുമാണ് അത് മനുഷ്യന്റെ ചിന്താ വ്യാപ്തിക്ക് അനുസരിച്ചിട്ടാണ് അത് മുമ്പോട്ട് മുമ്പോട്ട് ചിന്തിച്ചു പോകുന്നവർ നമ്മുടെ മനുഷ്യന്റെ ചിന്തയുടെ സങ്കുചിതത്വം കുറഞ്ഞു വരും പക്ഷെ അതെല്ലാവർക്കും ഉൾക്കൊള്ളാൻ പ്രയാസം അല്ല അത് എത്ര ചുരുക്കുകയാണെങ്കിലും നമുക്ക് ചിന്തിക്കാം എന്റെ കുടുംബത്തിന്റെ സുഖം എന്റെ നാട്ടിന്റെ സുഖം എന്റെ ജാതിയുടെ സുഖം എന്റെ മതത്തിന്റെ സുഖം എന്റെ രാജ്യത്തിന്റെ ജനങ്ങളുടെ സുഖം ഇങ്ങനെയൊക്കെ മാറി മാറി വരുമ്പോൾ അത് വികസിച്ച് വികസിച്ച് അത് മനുഷ്യന്റെ ചിന്താശേഷിക്കനുസരിച്ചൂടെയാണ് അങ്ങനെ ചിന്തിക്കുന്നതിന്റെ ശേഷി എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും അതനുസരിച്ച് തനിക്ക് അന്യർഗം പരമാവധി ഗുണം ചെയ്യുന്നതിൽ തനിക്ക് വേണ്ടിയൊക്കെ പരമാവധി ദോഷം കുറവുള്ളതുമായിട്ടുള്ള പ്രവൃത്തിയെ സമാചാരവും കൂടെ അപ്പൊ അതിൻ്റെതാണെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല പ്രയാസം കുറഞ്ഞ വർഷം നമ്മുടെ പ്രവൃത്തികളിൽ അതിൻ്റെ ഒരു പ്രചോദനമായിട്ട് അത്ര ഒരു പ്രവൃത്തി അതിനനുസരിച്ച് പരിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ ഭാവനകൾക്കനുസരിച്ച് നമ്മുടെ പ്രവൃത്തിയും പരിഷ്കരിക്കും അതിനാണ് ഹൃദയ വിശാലത്തെ എന്നുള്ള ഇന്നത്തെ സമൂഹം അങ്ങനെയാണ് ചിന്തിക്കാൻ ശ്രമിക്കുന്നത് സമാച സന്തുഷ്ട ഇത്രയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാളെ നമുക്ക് സന്തുഷ്ടൻ എന്ന് പറഞ്ഞ ശരിയാണ് ശരി എന്നുള്ള ഒരു സാമാന്യമായ രീതിയിൽ ശരിയാണ് ആരാണ് സന്തോഷമുള്ളവൻ എന്നുകൂടെ പറയുന്നത് എങ്ങനെയൊക്കെ സന്തോഷത്തെ ആർജിക്കാം എങ്ങനെയൊക്കെ സന്തോഷത്തെ നിലനിർത്താം എങ്ങനെയൊക്കെ സന്തോഷത്തെ സംരക്ഷിക്കാം ഇനി എന്താണ് എനിക്ക് സന്തോഷമൊന്നും പറയുന്നത് ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ചയ്ക്ക് വിഷയമാക്കുന്നില്ല അതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വാസിഷ്ടത്തിന് പുറത്തു പോകണം പല രീതിയാണ് ഒന്ന് മഹത്താണെന്ന് തോന്നി അതിനെ ഇങ്ങനെ സ്തുതിക്കുക ഇതെന്ത് ഗുണമില്ലാത്ത എല്ലാവർക്കും അതായത് താല്പര്യമുണ്ടാവും പിന്നെ അവരെന്നെ കണ്ടെത്തണോ എന്താണ് സുഖം എന്താണ് സുഖ ഉപായം അതൊക്കെ ആധുനികമായ രീതി ഇതല്ല ചിന്തിക്കുന്നത് സന്തോഷം എങ്ങനെ ഉണ്ടാകും സന്തോഷത്തിന്റെ ഗുണം എന്താണ് ദോഷം എന്താകും സന്തോഷത്തിന്റെ ദോഷവും അതല്ലെങ്കിൽ നമ്മൾ കേവലം സ്തുതിച്ചുകൊണ്ടിരുന്നതിന്റെ ദോഷം കണ്ടെത്താൻ വരും ഏതൊന്നിനായാലും നമ്മൾ സൂര്യനെ ചന്ദ്രനെ സ്തുതിക്കുക നിരന്തരം സ്തുതിച്ച നമുക്ക് ോഷം ഒരിക്കലും കാണാൻ പറ്റത്തില്ല ഈ ദോഷം കാണുന്നു അത് നല്ലതാണ് ദോഷം കാണുന്നു ഒഴിവാക്കേണ്ടതാണെങ്കിൽ അത് കാണണം കണ്ടുതന്നെ തീർന്നു ഒഴിവാക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടാക്കണം അപ്പൊ ഒഴിവാക്കേണ്ടതാണെങ്കിൽ അത് കണ്ടെത്തി സന്തോഷത്തുമുണ്ട് ദോഷം സന്തോഷത്തെ കുറിച്ച് ബയോളജി പറയുന്നത് ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നു വെള്ളം കുടിക്കുന്നു നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ് പിന്നെ ആർക്കും സംശയിക്കേണ്ട യാതൊരു കാര്യമില്ല കാരണം ഭക്ഷണം കിട്ടിയത് അപ്പറിയാം മനസ്സ് എന്ത അവസ്ഥയിലെത്തും സന്തോഷം തരുന്ന ഒരു പ്രാഥമിക ആവശ്യം ഭക്ഷണം അതുപോലെയുള്ള കാര്യങ്ങളാണ് പിന്നെ നമുക്ക് സന്തോഷം തരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സുരക്ഷിതത്വം സേഫ്റ്റി നമ്മളത് ശ്രദ്ധിക്കാത്ത കാര്യമാണെങ്കിലും നമുക്ക് എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ഇന്നുവരെ നമുക്ക് സന്തോഷം തന്നിട്ടുള്ളത് സുരക്ഷിതത്വമാണ് വളരെ ശിശുവായിരിക്കുമ്പോൾ എന്തിനും അമ്മയുടെ വയറ്റ് കിടക്കുമ്പം പോലും അവിടെ ഒരു സുരക്ഷിതത്വമുണ്ട് അതുകൊണ്ടാണ് അവിടെ സന്തോഷമായിരിക്കുന്നത് അവിടെയും സന്തോഷമായിരിക്കും അതിനെന്തെങ്കിലും കോട്ട സംഭവിച്ചു ദുഃഖം കാര്യം ജനിച്ചു കഴിഞ്ഞാലോ മാതാപിതാക്കളുടെ സംരക്ഷണയിലാണ് സന്തോഷം ബാല്യത്തിൽ ആ സംരക്ഷണയ്ക്ക് എന്തെങ്കിലും ഒരു ന്യൂനം വന്നു കഴിഞ്ഞാൽ പിന്നെ സങ്കടമാണ് ദുഃഖമാണ് അങ്ങനെ ആ സംരക്ഷണം കിട്ടാതെ വരുന്ന ബാല്യം അതും വളരെ ദുരിതമാണ് നരകമാണ് ഇന്ന് വളർന്നു വരുമ്പോൾ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ് സുരക്ഷിതത്വം എവിടെയായാലും ശരി കുടുംബത്തിലായാലും ശരി ആശ്രമത്തിലായാലും ശരി സുരക്ഷിതത്വം നമുക്ക് തോന്നിയോ നമ്മളവിടെ സന്തുഷ്ട ആശ്രമത്തിൽ താമസിക്കും സുരക്ഷിതമാണ് എന്ന് തോന്നിയാൽ സന്തോഷമായി തന്നെയാണ് അല്ലാതെ തോന്നി അവിടെ ചാടി പിന്നെ നമ്മൾ പോകുന്നത് എവിടേക്കാണ് സുരക്ഷിതമായൊരു ഇടം തേടിയാണ് എപ്പോഴും അങ്ങനെയാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നു നീങ്ങുന്നു ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നു ഇത് സുരക്ഷിതമാണെന്ന് തോന്നിയുകൊണ്ടാണ് അരക്ഷിത വന്നുകൊണ്ട് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു വന്ന് നോക്കത്തില്ല നിങ്ങളെല്ലാരും അങ്ങനെ നമുക്കൊരു സുരക്ഷിതത്വം ഹീന ചെയ്യുന്ന നടത്താൻ നമ്മൾ ഇരിക്കും അല്ലെങ്കിൽ ഇരിക്കട്ടെ എന്തുകൊണ്ട് അതാണ് സന്തോഷം തരുന്നത് പിന്നെ ജീവിതത്തിൽ മനുഷ്യർ സന്തോഷം തരുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടുമ്പോഴാണ് സന്തോഷം തരുന്നത് ശരിക്കും അങ്ങനെ അതൊരു നിസ്സാര കാര്യമല്ല അല്ലെ ചെറുതായിരിക്കുമ്പോ വളരെ ചെറുതായിരിക്കുമ്പോ ഒരു കളിപ്പാട്ടം കൈകറ്റിക്കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ് നേട്ടത്തിൽ നമ്മൾ സന്തോഷിച്ചു തുടങ്ങുന്ന അവിടെ നിന്നാണ് പിന്നെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭത്തിലും നേട്ടത്തിലാണ് നമ്മൾ സന്തോഷിക്കുന്നത് വിദ്യാഭ്യാസമായാലും തൊഴിലായാലും സമ്പത്തായാലും ഇന്നും അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും നേട്ടങ്ങളെ നമ്മളെ സന്തോഷിപ്പിക്കും ആശ്രമത്തിൽ വന്നു കഴിഞ്ഞാൽ ശരി തന്നെയാണ് നമ്മൾ നോക്കുന്ന എന്തെങ്കിലും നേട്ടമുണ്ടാകും തെറ്റല്ല അതിന് മോശം കാര്യമൊന്നുമല്ല പറയാം നമുക്ക് എന്തെങ്കിലും ഒരു മെച്ചപ്പെട്ട സ്ഥാനം മെച്ചപ്പെട്ട അവസരം ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ സന്തോഷിക്കും അതല്ലെന്നാർക്കും പറയാൻ പറ്റും പൊസിഷൻ പവർ ഇതൊക്കെ സന്തോഷിപ്പിക്കുന്നത് കൊണ്ടാണ് നേട്ടങ്ങളെ സന്തോഷിപ്പിക്കുന്ന അറിവാണ് സന്തോഷിപ്പിക്കും അതും ഒരു നേട്ടമാണെന്നുള്ളത് സന്തോഷം നേട്ടമൊന്നും കണ്ടാൽ നേട്ടമല്ലെന്ന് കണ്ടാൽ സന്തോഷിക്കുന്നു നാലാമത് വരുന്ന പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് സന്തോഷിപ്പിക്കുന്നത് സാമൂഹ്യ ബന്ധങ്ങളും അനുഷ്ഠ സന്തോഷിക്കും ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയോടുള്ള ബന്ധം അത് സന്തോഷമുണ്ടാകും ബന്ധം ദുഃഖമാണെന്നൊക്കെ പറയും അതെല്ലാം അത് അതിരുകിടക്കുമ്പോഴാണ് പൊതുവേ ബന്ധമെന്ന് പറയുന്നത് നമുക്ക് കുട്ടിക്കാലത്ത് എന്താ സന്തോഷിപ്പിച്ചു അമ്മയോടുള്ള ബന്ധം അച്ഛനോടുള്ള ബന്ധം അതൊക്കെ സന്തോഷിപ്പിച്ചു പിന്നെ സുഹൃത്തുക്കളോടുള്ള ബന്ധം അത് മാതാപിതാക്കളോടുള്ള ബന്ധക്കാളും വലുതായിട്ടുള്ളത് പിന്നെ ഗുരുവിനോടുള്ള ബന്ധം അത് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ടാണ് കാണണം അപ്പൊ ഇതല്ല സാമൂഹ്യ ബന്ധത്തിൻ്റെ ഭാഗമാണ് ആ ബന്ധം ശരിയല്ലേ അവിടെ ദുഃഖമാണ് നമ്മുടെ മുറിയിൽ കൂടെ താമസിക്കുന്ന ആളുകളുള്ള ബന്ധം നമുക്ക് ശരിയാകുന്നില്ല നമുക്ക് ദുഃഖമാണ് നമ്മൾ കടിച്ചതൊക്കെ ജീവിക്കും അത് വേറെ കാര്യം നിവൃത്തിയില്ലാക്കാം പിരാകൊണ്ട് ജീവിക്കും മനസ്സിൽ ശല്യം ശല്യവും കാര്യം ഉപയോഗിക്കും പക്ഷെ ബന്ധം അത് സന്തോഷത്തിന്റെ വളരെ അടിസ്ഥാനപരമായൊരു ഘടകം എവിടെയാണ് ബന്ധം ശിഥിലമാകുന്നത് സന്തോഷത്തെ വന്ന് ശിക്ഷിക്കും അതായത് സന്തോഷമുള്ള ഒരു ബന്ധം ശിഥിലമായ സന്തോഷത്തെ വന്ന് ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഏതൊക്കെയാണ് ഭക്ഷണം പോലെയുള്ള ബേസിക് നീഡ്സ് പിന്നെ മൂന്നാമത് പിന്നെ ഇത് ബയോളജി പറയുന്നതാണ് സൈക്കോളജി അല്ല അതോ സൈക്കോളജിയാണ് എന്തുകൊണ്ടാണ് അവരിത് ചിത്രയൊക്കെ ചിന്തിക്കുന്നത് അവർ പറയുന്നത് സന്തോഷം എന്ന് പറയുന്നത് ഒരു സർവൈവൽ ടൂളാണ് അതിജീവനത്തിന് സഹായിക്കുന്ന ഒന്നാണ് മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവന്മാർക്കും ജീവന്റെ ഡയറക്ഷൻ വഴികാട്ടി എന്നതിൽ സന്തോഷമാണ് എല്ലാ ജീവന്മാരും സന്തോഷമുള്ള വഴിക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സർവജീവന്മാർ സന്തോഷമുള്ള വഴിക്ക് സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ സന്തോഷം ലക്ഷ്യമല്ല ലക്ഷ്യമില്ലാതെ വഴിയാണ് ഹിമാലയത്തിലേക്ക് പോകുമ്പോൾ വഴി എന്ന് പറയുന്നത് വരെ ഹിമാലയം ലക്ഷ്യമാണ് ലക്ഷ്യത്തെക്കുറിച്ചൊരു പിടിയൊന്നുമില്ല പക്ഷേ അതിജീവനത്തിനു വേണ്ടി സന്തോഷത്തെ ആശ്രയിച്ചാണ് സർവപ്രാണികൾ മുന്നോ എവിടെ ചെന്ന് ചാടും എന്ന് പറയാൻ പറ്റും അതിജീവിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല ചിലപ്പോ അതിജീവിക്കും ചിലപ്പോ അതിജീവിച്ചു അപ്പൊ സന്തോഷത്തിനു വേണ്ടി നമ്മൾ വഴിവിട്ട മാർഗങ്ങളാണ് സ്വീകരിക്കുകയാണെങ്കിൽ അത് നമ്മളെ സന്തോഷം കിട്ടും പക്ഷെ അത് അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും സന്തോഷിച്ചാൽ മതിയോ പോരാ അതുകൊണ്ട് സന്തോഷത്തിലൂടെ അതിജീവന സാധ്യമാണെങ്കിൽ സന്തോഷം അവിടെ ഒരു കോമ്പസ് ആയി പ്രവർത്തിക്കുന്നതാണോ എന്നുവെച്ചാൽ അവർ വടക്ക് നോക്കിയത് അങ്ങനെ പ്രവർത്തിക്കുന്നു ഞാൻ വാസൃഷ്ടത്തിന്റെ പുറത്ത് പോവുകയാണ് അത് ഇരിക്കുന്നു പോകുന്നതൊന്നും മനസ്സിലാക്കാനില്ലാത്തതുകൊണ്ട് സൈക്കോളജി എന്താ പറയുന്നത് സന്തോഷമെന്ന് പറയുന്നത് ഈ മനുഷ്യ അജീവിതമെന്ന് പറയുന്ന യാത്രയിലെ ഫ്യൂവൽ ഇന്ധനം എന്ന് പറയുമ്പോഴും എന്താണ് സന്തോഷം തന്നെയാണ് മനുഷ്യന്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് സന്തോഷം അങ്ങനെയാണ് മനുഷ്യനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് സന്തോഷമാണ് നമുക്കിപ്പോഴും മോട്ടിവേഷൻ ഉണ്ടാകും എന്തെങ്കിലും ചെയ്യുന്നതിനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാകുന്ന സന്തോഷമാണ് അതിനെ ഉദാഹരണമായിട്ട് പറയുന്നത് തെളിവായി പറയുന്നത് മനുശാസ്ത്രമാണ് ഡിപ്രഷൻ ഡിപ്രഷന്റെ അടയാളം എന്താണോ മോട്ടിവേഷൻ ഇല്ല മോട്ടിവേഷൻ ഇല്ലെങ്കിൽ പ്രവൃത്തിയില്ല പ്രവൃത്തിയില്ലെങ്കിൽ ഒന്നുമില്ല സന്തോഷമില്ല മോട്ടിവേഷൻ ഇല്ല പ്രവൃത്തിയില്ല തീർന്നു ജീവിതം അവസാനിച്ച് പിന്നെ ഒരു പോക്കില്ല മുന്നോട്ട് ജീവിതത്തിൽ എപ്പോഴും ഇന്ധനമായി പ്രവർത്തിക്കുന്ന എന്താണോ സന്തോഷം അതുകൊണ്ട് സന്തോഷം കൂടി വരും അവരെല്ലാവരും സന്തോഷത്തെ അംഗീകരിക്കുക ഫിലോസഫി എന്താ പറയുക സന്തോഷം എന്ന് പറയുന്നത് എന്ന് പറയുന്ന എന്താണ് ദുഃഖം ആർക്കും ഒഴിവാക്കാൻ പറ്റത്തില്ല നിങ്ങൾ എത്രയൊക്കെ തലവൃത്തി മറിഞ്ഞാലും ദുഃഖത്തെ ഒഴിവാക്കി ജീവിക്കാൻ പറ്റും ദുഃഖം എന്ന് വരുന്നൊരു യാഥാർത്ഥ്യമാണ് സന്തോഷത്തെ പോലെ തന്നെ ഒരു യാഥാർത്ഥ്യമാണ് ദുഃഖം ദുഃഖരഹിതമായ ജീവിത സാധ്യത അപ്പോ ദുഃഖത്തിന്റെ ഒരു കൗണ്ടർ ഫോഴ്സാണ് സന്തോഷം ദുഃഖത്തെ ബാലൻസ് ചെയ്യിക്കാൻ നമ്മളെ സഹായിക്കുന്ന സന്തോഷം അടുത്ത ദുഃഖം വന്നിട്ട് നമ്മളെ ബാലൻസ് ചെയ്യും അതുകൊണ്ടാണ് അതിന്റെ കൗണ്ടർ ഫോഴ്സ് അപ്പോ സന്തോഷം കൂടിയ തീരും ദുഃഖത്തെ ഒഴിവാക്കാനും പറ്റത്തില്ല റെവല്യൂഷണറിയിട്ട് ബന്ധപ്പെട്ട് വരുന്ന സോഷ്യൽ എവല്യൂഷൻ റെവല്യൂഷണറി സയൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സോഷ്യൽ റെവല്യൂഷൻ അത് പറയുന്നതല്ല സന്തോഷം എന്ന് പറയുന്നത് ആണ് ജീവികളെ ഒരുമിപ്പിക്കുന്നു മനുഷ്യന് മാത്രമല്ല എല്ലാ പ്രാണികളും ഒരുമിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു സന്തോഷമാണ് സന്തോഷം കൊണ്ട് മനുഷ്യന് ഒരുമിക്കുന്നു എവിടെയെങ്കിലും മനുഷ്യൻ അങ്ങനെ ഒരുമിക്കാതിരുന്നു കഴിഞ്ഞാൽ മനുഷ്യനോ പ്രാണികളോ ഏതായാലും അത് സർവൈവ് ചെയ്യല്ല അത് നിശ്ചിച്ചു അതുകൊണ്ടാണ് നമ്മൾക്ക് ആന്തരികമായി തന്നെ ഒരുമിക്കാനൊരു പ്രേരണ ഉണ്ടാവും നമ്മുടെ സഹജമായ പ്രേരണ ഒരുമിക്കാനാണോ ഒറ്റപ്പെടാനുള്ള പിന്നെ മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് അതായത് തെറ്റായ ഫിലോസഫികളാണ് മനുഷ്യനെ ഒറ്റപ്പെടുത്തുന്നത് അങ്ങനെ ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് സന്തോഷവും നെസ്റ്റവും അതിനാൽ പറയുന്നത് ഇമോഷണൽ നമ്പിനെസ് ആ സംഭവിക്കും ഒറ്റപ്പെട്ടുപോയാതാണ് സംഭവിക്കും സംസ്ഥാനം പറയുന്നത് നിർവികാരക അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ചെന്നുവിടും അത് പിന്നെ നാശത്തിന്റെ തൊട്ടുമുമ്പുള്ള അവസ്ഥ പിന്നെ അവൻ നശിച്ചത് ഈ സന്യാസത്തിലൊക്കെ എനിക്കൊന്ന് അപകടം ഇതാണ് സന്യാസം എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നതാണ് ഞങ്ങൾക്ക് വളരെ അപകടം കുറിച്ചുള്ളത് എന്ന് ഞാൻ പറയുന്നതല്ല സോഷ്യൽ എവല്യൂഷൻ പറയുന്നത് കുറച്ച് സന്യാസം എന്ന് പറയുന്നത് സമൂഹത്തിനോട് ബന്ധപ്പെടുത്തുകയാണെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷം ശങ്കരാചാര്യം ബുദ്ധനും തമ്മിലുള്ള വ്യത്യാസമാണ് ശങ്കരാചാര്യ സന്യാസം എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്ന ഭിക്ഷയെടുക്കുക കാട്ടിലോ ഗുഹയിലോ പോയിരിക്കുക എന്ന് പറയുന്ന സന്യാസം അത് കൊള്ളാം ഡിപ്രഷൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് അതിന് പ്രതിവിധിയൊന്നും കയ്യിൽ ഇല്ലെങ്കിൽ മരിക്കാൻ വേണ്ടി കൊള്ളാം ബുദ്ധൻ പറഞ്ഞ അങ്ങനെയല്ല സന്യാസം എന്താണോ സമൂഹ മധ്യത്തിലേക്ക് പോവുക സന്യാസം ഇതിന്റെ തുടക്കം പോലെ ഞാൻ പറയുന്ന ഒരു കാര്യം ശങ്കരായന്റെ സന്യാസം കാലത്തിന് പറ്റിയതല്ല എന്ന് ഞാൻ പറയുന്നത് ശങ്കരായവരോട് എനിക്ക് വിനോദമുണ്ടെന്ന് വളരെ അപക്വമാണ് അപരിഷ്കൃതമാണ് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടാൻ പാടില്ല അത് സമൂഹം എന്നുള്ള വലുതോ ചെറുതോന്നുള്ള മനുഷ്യനെ നമുക്ക് മനസ്സിലാകും ഈ ഒത്തുകൂട്ടലുകൾ വേതനങ്ങൾ നമുക്ക് സന്തോഷമുണ്ടാക്കുന്നതാണ് ഏത് കാര്യങ്ങളായാലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും ഏതിനും ഒരു ഒത്തുകൂടലുണ്ടാവും ജനിച്ചു കഴിഞ്ഞു ഓരോ ചടങ്ങുകളും മനുഷ്യന്റെ ജീവിതത്തിൽ അവിടെ എല്ലാം എന്താണ് മനുഷ്യർ ഒത്തുകൂടുകയാണ് ആ ഒത്തുകൂടുമ്പോൾ എല്ലാവർക്കും എല്ലാവരും സന്തോഷിക്കും ഒത്തുകൂട്ടലാണ് സന്തോഷം ഇത് പരിണാമത്തിലൂടെ സംഭവിച്ചതെന്നാണ് പറയുന്നത് കാരണം പഴയകാലത്ത് മനുഷ്യന് ഒത്തുകൂടിയിലാണ് പഴയ ഗോത്രങ്ങൾ ഒരു ഗോത്രം എന്ന് പറഞ്ഞാൽ ഗോത്രത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ള ശാസ്ത്രജന്മാർ പറയുന്നു നൂറോ നൂറ്റമ്പതോ പേർ അതി കൂടുതൽ വരത്തില്ല ജനസംഖ്യ കുറവാണ് ഇവർ ഒരുമിച്ച് കൂടുന്ന അവർക്ക് സന്തോഷമായി വേറൊരുമിച്ച് കൊടുക്കുന്നു അവർ സന്തോഷമായി നമ്മൾ ഒരുമിച്ച് കൊടുക്കുന്ന ഓരോരോ ചടങ്ങുകൾ മനുഷ്യനും ഒരുമിച്ചുകൂടും മരണത്തിൽ പോലും മനുഷ്യനും ഒരുമിച്ചു കൂടുന്ന എന്താണ് ആർക്കാണോ നഷ്ടം സംഭവിച്ചത് അവരുടെ ദുഃഖത്തെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ ചടങ്ങുകളിലും ഒരുമിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എവിടെ മനുഷ്യർ ഒരുമിക്കുന്നു അവിടെ സംഭവിക്കുന്നു നോക്കുക ഉത്സവങ്ങൾ മനുഷ്യർ വയ്ക്കുന്നു എന്തിനു വേണ്ടിട്ടുണ്ട് നമ്മൾ പഴയ കാലത്തേക്ക് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത് ഉത്സവങ്ങളിലായി നാട്ടിലൊക്കെ ഉത്സവം വന്നുകഴിഞ്ഞാൽ പിന്നെ ഇരിക്കപ്പോ പിന്നെ ആ ലോകത്തിലായി പിന്നെ വരൊന്നുമില്ല പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ പ്രായം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യാസമില്ല ഉത്സവങ്ങളുടെ സ്വഭാവത്തുമാണ് എന്റെ ചെറിയ പ്രായത്തിലൊക്കെ ഉത്സവങ്ങളെന്ന് പറയുമ്പോൾ അതിനകത്ത് പൊളിറ്റിക്സില്ല മറ്റ് അജണ്ടകളൊന്നുമില്ല ആൾക്കാരും ഒരുമിച്ച് കൊടുത്ത് സന്തോഷിക്കുന്നു ഒരു തരത്തിലുള്ള കലർക്കുമില്ലാത്ത സന്തോഷം അതിൽ എല്ലാവരും ഒരു നാട്ടിലെല്ലാവരും പങ്കെടുക്കുന്നു അവിടെ ജാതിയില്ല മതങ്ങളില്ല പാവപ്പെട്ടവരൊന്നുമില്ല പണക്കാരുന്നില്ല ആണെന്നില്ല പെണ്ണെന്നില്ല ഉത്സവപ്പറമ്പുകളിൽ അങ്ങനെ ആയിരുന്നു എല്ലാവരും സന്തോഷിക്കും ഉള്ളതാണ് സന്തോഷം അപ്പം ഗാദറിംഗ് ആണോ അത് ഒരുമിച്ച് കൂടുന്നത് ഇതാണ് മനുഷ്യന്റെ സന്തോഷത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അങ്ങനെ ഒരുമിച്ച് കൂടിയ അവരുടെ തലമുറകളെല്ലാം അതിജീവിച്ചാണ് നമ്മളിന്ന് ഇങ്ങനെ ഇരിക്കുന്നത് ഒരുമിച്ച് കൂടാൻ കഴിയുക ഒറ്റപ്പെട്ടു പോരെല്ലാം അവരുടെ തലമുറകളില്ല ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ആദ്യം പറഞ്ഞാൽ ആരുടെ കാഴ്ചപ്പാടാണ് ബയോളജ് രണ്ടാമത് പറഞ്ഞത് രണ്ടാമതല്ല പറഞ്ഞത് സഹിത്തോളജ് മൂന്നാമത് പറഞ്ഞത് നാലാന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയ ഇത്രേ എനിക്ക് ഓർമ്മയിൽ ഉള്ളു കേട്ടോ ഇത് കൂടുതലുണ്ട് വ്യത്യാസമുണ്ട് അതെ വ്യത്യാസമാണ് ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഏകാന്തതയിലിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം അത് ശരിയാണ് അപ്പോ ഒരു അതിന്റെ വ്യത്യാസമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ഡിപ്രഷൻ ബാധിക്കുന്ന ഒരു വ്യക്തിയും ഏകാന്തതയിലിരിക്കും പക്ഷെ അവർക്ക് സന്തോഷമുണ്ടാകും അപ്പോ ഇതിന്റെ നിർവചനങ്ങൾ നമ്മൾ എന്താണോ വിപുലമായി തന്നെ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഏകാന്തതയിലിരിക്കാൻ കഴിയുകയും ആ ഏകാന്തതയിൽ നിങ്ങൾക്ക് ആക്റ്റീവായിരിക്കാൻ കഴിയും ചെയ്തു കഴിഞ്ഞാൽ അതൊരു ഒറ്റപ്പെടല്ല എന്താ ഡിപ്രഷന്റെ ഏകാന്തതയാണ് ഏകാന്തതയിൽ നിന്ന് ആക്റ്റീവായിരിക്കാ നിങ്ങളുടെ ബുദ്ധിമുണമെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ ഷാർപ്പായിരിക്കും അത് മാത്രമല്ല ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം കൂടെ ഈ സന്തോഷം അവസാനത്തെ അല്ല ഈ സന്തോഷം കഴിഞ്ഞ് ഒരു സ്റ്റെപ്പൂടി മുമ്പോട്ട് പോകണം അതായത് പഴയകാലത്ത് ഈ സൈക്കോളജിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ബി ഹാപ്പി ഇന്ന് നമ്മൾ ഏകുന്നതാണ് അല്ലെ മോഡേൺ സൈക്കോളജി പറയുന്ന അതല്ല പിന്നെ ബി ഹാപ്പി എന്നല്ല പറയും പിന്നെ എന്താ പറയുന്നത് ബി ഫ്രീ അതാണ് ഇന്ന് പറയും ബി ഫ്രീ ചോദ്യം ചോദിച്ചതാണ് എന്നെ കൂട്ടാൻ വേണ്ടി ചോദിച്ചാണെങ്കിൽ ബി ഫ്രീ സന്തോഷത്തിന് പരിയാണെന്ത് ഫ്രീഡം ആ ഫ്രീഡം എന്ന് പറയുന്നത് സന്തോഷത്തെ മറികടക്കുന്നു അതിന്റെ ഒരു ചെറിയ വ്യത്യാസം വന്നു അതിനെ കുറിച്ച് ഞാൻ കൂടെ ഒന്ന് വിശദീകരിക്കാം ഇപ്പൊ സന്തോഷത്തിന്റെ പീരീഡായതുകൊണ്ട് വ്യത്യാസം കൂടെ എന്ന് പറയാം അതിന് സന്തോഷമായിരിക്കണമെങ്കിൽ ഒന്ന് നമ്മുടെ ഹെൽത്ത് നേരെയും അല്ലേ നമ്മുടെ ഹെൽത്ത് നേരായത് നമുക്ക് സന്തോഷമായിരിക്കാം നമ്മൾ സക്സസ് ആയിരിക്കും എന്നാലേ നമുക്ക് സന്തോഷമായിരിക്കാം നമ്മുടെ റിലേഷൻഷിപ്പ് നേരെയായിരിക്കും അല്ല അതായിരിക്കും അപ്പോ നമ്മൾ സന്തോഷമായിരിക്കും ശ്രമിക്കുമ്പോഴും നമ്മുടെ സന്തോഷത്തെ മനുഷ്യന്റെ പ്രത്യേകിച്ചും സന്തോഷത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നുണ്ട് അതിനാണ് എക്സിസ്റ്റൻഷ്യൽ ഡിസ്കംഫർട്ട് എന്ന് പറയും മനുഷ്യന്റെ മാത്രം ഒരു പ്രത്യേകത എങ്ങനെ സംഭവിക്കുന്നില്ല മനുഷ്യനൊരു ഒരു പൊഗ്നറ്റീവ് അബിലിറ്റി ഉണ്ട് അതായത് അവന് ദീർഘമായ പൂർവകാലങ്ങളെ സ്മരിക്കാൻ പറ്റും ഇപ്പൊ അറുപത് വയസ്സായാലും എഴുപത് വയസ്സായാലും ഏറെ അക്ഷ്മേശ്വരം പിടിപെട്ടിട്ടില്ലെങ്കിൽ അവന്റെ ബാല്യകാലം എന്നുള്ള കാര്യങ്ങൾ അവന് സ്മരിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ആ സമയത്തും അവന് ഭാവിയെക്കുറിച്ച് പ്ലാനിങ് ചെയ്യാൻ പറ്റും ഈ ഭൂതകാല സ്മരണകളും ഭാവിയെ കുറിച്ചുള്ള പ്ലാനിങ്ങുമാണ് അവനുണ്ടാക്കുന്ന വർത്തമാനത്തിൽ ഉണ്ടാക്കുന്ന എക്സിസ്റ്റൻഷ്യൽ ഡിസ്കംഫർട്ട് ഇത് കോബനേറ്റീവ് ഫിലോസഫിയുടെ വിശദീകരണം ഇത് നമ്മുടെ സന്തോഷത്തെ നശിപ്പിച്ചു കാരണം സന്തോഷം ഇത് പലതിനെ ആശ്രയിച്ചാണ് ഉണ്ടാകുന്നത് ഹെൽത്തി ഉണ്ടെങ്കിൽ സന്തോഷമായിരിക്കാൻ പറ്റും പറ്റില്ല അപ്പോ എനിക്ക് എനിക്കിപ്പോ പ്രായം കൊണ്ട് എന്റെ ശരീരത്തിന് പല മാറ്റങ്ങളും വരും ഞാൻ ഒരു സർജറി നടത്തി എന്താണ് അത് എന്റെ പ്രായം കൊണ്ട് എന്റെ ശരീരത്തിന് വന്ന മാറ്റമാണ് പക്ഷെ ഇങ്ങനെ ശരീരത്തിന് ചത് പറ വാദമാണ് അവിടെ വേദന ഇവിടെ വേദന മുട്ടുവേദന ഇതൊക്കെ മനുഷ്യ രോഗമെന്ന് പറഞ്ഞ് ചികിത്സിക്കുകയാണ് ഇതൊന്നും രോഗമല്ല ഇതൊക്കെ പ്രായമുള്ളിൽ ശരീരത്തിന് വരുന്ന മാറ്റങ്ങളാണ് പ്രായം കുടുംബം കണ്ണിന്റെ കാഴ്ച പറയും തിമിരം വരും രോഗമല്ല പ്രായം കുടുംബം ശരീരത്തിന് വരുന്ന ഇതൊന്നും രോഗമാണ് ചികിത്സയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ട് ഇതിനെയൊക്കെ ചികിത്സിക്കുമ്പോൾ നമ്മുടെ സന്തോഷം ഇതത് പ്രായം കൊണ്ടുവരുന്ന ശാരീരികമായ മാറ്റങ്ങളാണ് ചികിത്സിക്കേണ്ട എന്നുള്ളത് ചികിത്സിക്കണം പക്ഷെ അത് അറിഞ്ഞ് ചികിത്സിക്കും പക്ഷെ നമ്മളെപ്പോഴും ആശങ്കയിലാകുന്ന എന്താണ് ഹെൽത്ത് ആരോഗ്യം ആരോഗ്യമെന്നുള്ള ചിന്ത അതിനെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട്ടില്ലെങ്കിൽ നമുക്ക് എന്ന് വരും രോഗം രോഗസമയത്തുണ്ടാക്കുന്ന ബുദ്ധിമുട്ടല്ല എന്നും അത് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് സന്തോഷം നിലനിർത്തുക എന്നൊക്കെ പറയുന്ന എളുപ്പമുള്ള കാര്യം ഇപ്പോ സന്തോഷത്തെ ചേച്ചി സന്തോഷത്തിന്റെ ഏറ്റവും വലിയൊരു തകരാറ് എന്താണ് സന്തോഷം എന്ന് പറയുന്ന ഒരിക്കലും നമുക്ക് സംതൃപ്തിയെ ഉണ്ടാകാൻ തരത്തില്ല ഞാൻ സന്തോഷം നേടി അതായത് ഏതെങ്കിലും ഒരു ഉപായത്തിലുള്ള ഞാൻ സന്തോഷത്തെ നേടിക്കഴിഞ്ഞാൽ ആ സന്തോഷം നമുക്ക് സംതൃപ്തിയെ തരത്തില്ല കാരണം വീണ്ടും ഞാൻ സന്തോഷത്തിന് വേണ്ടി ശ്രമിക്കും ശ്രമിച്ചേ പറ്റും ഞാൻ ഭക്ഷണം കഴിക്കുന്നു സന്തുഷ്ടനായി പക്ഷെ സംതൃപ്തനായി ഇതാകുന്നു വീണ്ടും ഭക്ഷണം കഴിക്കില്ല വീണ്ടും സംതൃപ്തിയായിട്ട് അപ്പൊ നമ്മൾ സന്തോഷത്തെങ്ങനെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും അത് പഴയ ബുദ്ധൻ പറഞ്ഞു തൃഷ്ണ എന്നൊക്കെ പറയുന്നത് തന്നെയാണ് അപ്പൊ സന്തോഷത്തിന് പല പല പ്രശ്നങ്ങളുണ്ട് അതിനെയൊക്കെ പഴയകാലത്ത് നമ്മുടെ ദാർശനികന്മാരും അതെല്ലാം അഡ്രസ് ധുനിക ശാസ്ത്രങ്ങളെതിരെയൊക്കെ അഡ്രസ് ചെയ്യുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ആണ് പറയുന്നത് എന്താണ് ബി ഹാപ്പി എന്നല്ല ബി ഫ്രീ ഫ്രീഡം എങ്ങനെ ഉണ്ടാവും ഫ്രീഡം ഉണ്ടാവുന്നത് ഇൻസൈറ്റ് ബാഹ്യമായ കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാകുന്ന സന്തോഷം പോലെ അതവന്റെ ഉൾക്കാഴ്ചയിൽ നിന്നുണ്ടാവുന്നതാണ് കിരീടം എന്ന് പറയുന്നത് അതാണ് രണ്ടെന്നുള്ള വ്യത്യാസം അതുകൊണ്ടാണ് എന്ത് പറയുന്നത് എന്താണ് കിരീടത്തിന്റേതായ ഒരു ഞാൻ ഇടയ്ക്ക് എനിക്ക് ആ ഇൻസൈറ്റിലൂടെയുള്ള ഫ്രീഡം എന്ന് പറയുന്ന ഒരാൾ പിന്നെ സന്തോഷത്തെ ചേച്ചിയേക്ക് പിന്നെ അയാൾക്ക് ഈ സ്പിരിച്വൽ ടോർച്ചറിങ്ങിന്റെ ഒന്നും ആവശ്യമുണ്ട് അതിന്റെ ആവശ്യമുണ്ട് അപ്പോ നിങ്ങൾ സമൂഹ മധ്യത്തിലിരിക്കുന്നു നിങ്ങൾ ഏകാന്തതയിലിരിക്കുന്നു നിങ്ങൾക്ക് വേദാന്തയിലിരുന്നാലും സമൂഹ മദ്യത്തിലിരുന്നാലും നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കാൻ കഴിയും സന്തോഷമെന്ന് ഞാൻ ഫ്രീഡം ആ ഒരു ദോഷവും സന്തോഷത്തിൽ നിന്ന് ഒരു പടി കൂടി മുമ്പോട്ട് പോയി ഫ്രീഡത്തിലെത്തിച്ചേരുന്നു രണ്ടു ഒരുപോലെ തന്നെ അവിടെ ഇൻട്രോവെർട്ട് എക്സ്ട്രാവർട്ടും രണ്ടു ഒരുപോലെ തന്നെയാണ് പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അടിയരായിട്ട് മനസ്സിലാക്കണം എന്തിനു വേണ്ടി സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്തിനുവേണ്ടിയല്ല പീഡത്തിനുവേണ്ടി വ്യത്യാസമുണ്ട് സ്വയം ചിന്തിക്കുക ഞാൻ ഫ്രീ ആണ് അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു സന്ദർഭത്തെ വിശദീകരിക്കാം കൂടുതലായിട്ട് ചോദ്യം ചോദിച്ചുകൊണ്ട് ഇത്രയും പറഞ്ഞു തീർച്ചയായിട്ടും ഉൾക്കാഴ്ച വരും ഉൾക്കാഴ്ച എന്ന് പറയുന്നതാണ് എല്ലാ തലവേദനകളെയും എല്ലാ ഭാരങ്ങളെയും ഒഴിവാക്കിക്കളയുക ഒരു ഭാരത്തെയും ചുമതടക്കാണു നിങ്ങൾ തലയിൽ ഭാരം കയറ്റി നടന്നിട്ടുണ്ടാവും ഉണ്ടാ ഞാൻ നടന്നിട്ടുണ്ട് ഞാനൊരു കർഷക കുടുംബത്തിലാണ് അതുകൊണ്ട് കുട്ടിക്കാലത്ത് അങ്ങനെയൊക്കെ ചെയ്യുകയാണ് അത് ഇറക്കി വെക്കുമ്പോൾ ഉണ്ടാകുന്നതിന് സന്തോഷമുണ്ട് അത് പറഞ്ഞറിയാൻ മെയ്യാത്ത അതെല്ലാം പ്രിയതും അതായത് അതെങ്ങനെയാ സ്വാമി ക്ലിയർ ആകുമെന്ന് എന്താണോ നിങ്ങൾക്ക് ഭാരവും തോന്നുന്നത് അങ്ങനെ തടികളയുക തലയിൽ താഴെയിടുക എന്താണോ ഭാരവും അങ്ങനെ തല ഒന്ന് കുടഞ്ഞ് കളയുമ്പോൾ അനുഭവിക്കുന്നതാണ് ഫ്രീഡം ഒരു തരത്തിലുള്ള സെൽഫ് ടോർച്ചറിങ് ഉണ്ടായിരിക്കും ജീവിതത്തിൽ ഹൺഡ്രഡ് പെർസെന്റ് ഹൺഡ്രഡ് പെർസെന്റ് സാധിക്കും അങ്ങനെ ഈ ഹൺഡ്രഡ് പെർസെന്റ് അല്ലെങ്കിൽ പൂർണ്ണത അതൊരു മാജിക്കൽ തിങ്കിങ്ങാണ് അത് മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങൾ ഈ പൂർണ്ണമത പാടി പാടി അങ്ങനെ ആയിപ്പോയതാണ് നടക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുക എന്താണോ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മൾ സ്വയം തന്നെ എങ്ങനെയുള്ളതാണ് ഒരു വള്ളറബിൾ ഡിസൈനാണ് ഒരു സിസ്റ്റമാണ് എല്ലാ തരത്തിലും അപ്പോ ഇതിലെ പൂർണ്ണതാണെന്ന് പറയുന്നു തോന്നുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അത്തരം സങ്കല്പങ്ങളാണ് നമുക്ക് ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞത് എക്സിസ്റ്റൻഷൻ ഡിസ്കംഫർട്ട് ഉണ്ടാകും നടക്കാത്ത സ്വപ്നങ്ങളെ താലോലിക്കരുത് അതുകൊണ്ട് ഹൺഡ്രഡ് അങ്ങനെ ഒരു സാധനമില്ല കഴിയുന്നത്ര കഴിയുന്നത്ര നമ്മുടെ കഴിവിനനുസരിച്ച് എന്നേ പറയുന്നത് ഫ്രീഡം ഏ ശങ്കരായർ പറയുന്നത് എന്താണ് ശങ്കരാചരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഒരു ദാർശനികമായൊരു കാഴ്ചപ്പാടാണ് ഒരു ദാർശനികമായ നിലപാട് ആ ദാർശനികമായ നിലപാട് തലയ്ക്ക് ഭാരമെന്ന് തോന്നുകയാണെങ്കിൽ അതെയും തള്ളിക്കളയില്ല രാമാനുജന്റെ മറ്റൊരു ദാർശനികമായ നിലപാടാണ് അതും ഭാരമാണെന്ന് തോന്നുന്നതും തള്ളിക്കളയില്ല യോഗി പറഞ്ഞത് മറ്റൊരു ദർശനം ഇതൊക്കെ ഒരുപാട് വെയിറ്റുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഒരുപാട് ചുവന്നു പരിചയമുള്ള ഒരാളാണ് നിങ്ങളോട് പറയുന്നത് ഭാരോഗം തോന്നിയാ താഴെയിട്ട് കളയുക എങ്ങനെയാ അതിനുള്ള ഒരു ബോധം അതിനാണ് ഇൻസൈറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ ഇൻസൈറ്റ് ഇല്ലാത്തോടാണ് എന്ത് വരുന്നത് നമുക്കെന്ത് വരുന്നത് കൺഫ്യൂഷൻ ഈ സ്വാമി ഒരിക്കൽ അദ്വൈതത്തെ കുറിച്ച് പറയും വേറൊരു യോഗത്തെ കുറിച്ച് പറയും വേറൊരുക്കെ എന്താണെന്ന് വിശിഷ്ടാദ്വൈതത്തെക്കുറിച്ച് പറയും ഇതൊക്കെ പറയുന്ന ഈ ഒരു ഇൻസൈറ്റിന് വേണ്ടിയിട്ടാണ് മനസ്സിലാക്കുക ഇതിനകത്ത് കൺഫ്യൂഷൻ ലെവൽസ് പീഡം എന്ന് പറയുന്നത് നിനക്കപ്പുറമാണ് എല്ലാ ഭാരങ്ങൾക്കും അപ്പുറമാണ് അത് ഒരാൾക്ക് ഏകാന്തെ സാധിക്കും ആൾക്കൂട്ടത്തിന് സാധിക്കും രണ്ടിടത്തും ഒരുപാട് സാധിക്കും അതിന് ഏതെങ്കിലും ഒരു റിജിഡ് ആയിട്ടുള്ള ഫിലോസഫിയിൽ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാധ്യത <laughs> കുറവാ